അധ്യായം പതിനാല് ഷിനാർ രാജാവായ അംറഫേൽ എലാസർ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ ഖെദോർ ലായോമെർ ജാതികളുടെ രാജാവായ തീതാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേര ഗോമോര രാജാവായ ബിർഷ ആദ്മാ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷെമെബെർ ോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കെദോർലായോമേരിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സംവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെദോർലായോമേരും അവനോടു കൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തോര കർണൈമിലെ രഫായികളെയും ഹാമിലേ സൂസ്യരെയും ഷാവേ കിരിയാത്തീമിലെ യേമ്യരെയും സേയിർ മലയിലെ കോരിയരെയും മരുഭൂമിക്ക് സമീപമുള്ള യേൽപാരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാതേഷ് എന്ന ഏൻ മിഷ്പാത്തിൽ വന്ന് അമാലേക്കരുടെ ദേശമൊക്കെയും ഹസെസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതോം രാജാവും ഗോമോര രാജാവും ആദ്മാ രാജാവും സെബോയിം രാജാവും സോവർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീൻ താഴ്വരയിൽ വച്ച് ഏലാം രാജാവായ കെദോർലായോമേർ ജാതികളുടെ രാജാവായ തീതാൽ ഷിനാർ രാജാവായ അംറഫേൽ എലാസാർ രാജാവായ അരിയോ എന്നിവരുടെ നേരെ പടനിരത്തി നാല ന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീൻ താഴ്വരയിൽ കീൽ കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതോം രാജാവും ഗോമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതോമിലും ഗോമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിന്റെ സഹോദരന്റെ മകനായി ിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് യബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ യഷ്കോലിന്റെയും ആനേരിന്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മൂന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻവരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞ് ചെന്ന് അവരെ തോൽപ്പിച്ചു ദമ്മശിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനേയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു അവൻ കെദോർലായോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങിവന്നപ്പോൾ സോതോം രാജാവ് രാജതാഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലേം രാജാവായ മൽക്കി ശ്രദ്ദേഖ് അപ്പവും വീഞ്ഞും അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കൈയിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നു പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വതം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്നു പറഞ്ഞു അതിന് അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിങ്കലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേർ എസ്കോൽ മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ